ഒരാളൊരു രസമായൊരു കഥ പറഞ്ഞു തമാശ കഥയായിരിക്കും അമേരിക്കൻ സയന്റിസ്റ്റ് സ്പേസിൽ പോയപ്പോ സ്പേസിലോ ചന്ദ്രനിലോ എഴുതാൻ പേന ഉപയോഗപ്പെടുന്നില്ല എന്താണെന്ന് വെച്ചാൽ മഷി മേപ്പെട്ടു പോകും ചുവട്ടിലേക്ക് വലിക്കില്ല ഗ്രാവിറ്റേഷണൽ പുള്ളില്ലല്ലോ അപ്പോ ഒരുപാട് കോടിക്കണക്കിന് ഡോളർ ചെലവാക്കി അവിടെ പോയിട്ട് എഴുതാൻ വേണ്ട ഒരു പേന കണ്ടുപിടിച്ചു അത്രേ എന്നിട്ട് ജാപ്പനീസിന്റെ അടുത്തോ റഷ്യക്കാരുടെ അടുത്തോ പറഞ്ഞു ഞങ്ങൾ ഇതിന്റെ സീക്രട്ടാണ് ഇത് പറഞ്ഞതരില്ല ഈ പേന എങ്ങനെയാ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരില്ല നിങ്ങൾ കണ്ടുപിടിച്ചോളൂ അവർ പറഞ്ഞു ഞങ്ങൾ പെൻസിൽ ഉപയോഗിച്ചോളാന്ന് പറഞ്ഞു അത്രേ അപ്പൊ ഇവർ ഈ പെൻസിലിന്റെ കാര്യമേ ആലോചിച്ചിരുന്നില്ല എന്നാണ് അതിന് മഷി ഇംഗ്ലീന്നും വേണ്ടാലോ എവിടെ പോണെങ്കിൽ എഴുതാത്രേ ചിലപ്പോൾ നമ്മൾ വളരെ മെനക്കെട്ട് ചിന്തിക്കുന്ന ഒരു കാര്യത്തിന് വളരെ സിമ്പിളായിരിക്കും സൊല്യൂഷൻ നമ്മൾ പരിഹാരമേലാന്ന് വിചാരിച്ചിരിക്കുന്ന പ്രശ്നത്തിന് നോക്കുമ്പോ നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ പരിഹാരം ഉണ്ടാവും അതുപോലെയാണ് നമ്മൾ പരിഹാരത്തിന് വേണ്ടി പുറത്ത് സർവ്വത്ര അന്വേഷിച്ച് നടക്കുമ്പോ പരിഹാരം നമ്മളെ കാത്തുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഉണ്ട് ഒരു ഉദാഹരണ കഥ പറയാം ഒരു മകൻ അച്ഛൻ വലിയ പണക്കാരനാണ് അച്ഛൻ മരിക്കാൻ പോകുമ്പോ മകനോട് പറഞ്ഞു മകന്റെ സ്വഭാവം അച്ഛനറിയാം ദൂർത്തടിക്കും ുള്ളതൊക്കെ ചെലവാക്കി തീർക്കും അപ്പൊ മകനോട് പറഞ്ഞു നിനക്ക് ദാരിദ്ര്യം ഉണ്ടായാൽ ഇനി ജീവിക്കാൻ വകയില്ല എന്ന് നോക്കുമ്പോൾ ഈ വീട്ടിലെ എന്റെ പെട്ടിയൊക്കെ ഒന്ന് തെരഞ്ഞു നോക്കുക അവിടെ തനിക്ക് വേണ്ടി ചിലത് വെച്ചിട്ടുണ്ട് ഈ മകൻ അതേപോലെ തന്നെ അച്ഛൻ മരിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞതും വളരെ വിഷമിച്ചു ഒന്നും ഉണ്ണാനോ എടുക്കാനോ ഒന്നുമില്ല ഘട്ടത്തിൽ അച്ഛന്റെ ഒരു സുഹൃത്തായ ഒരു ആള് പറഞ്ഞു എന്റെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിണ്ടാവണല്ലോ ആലോചിച്ച് നോക്കൂ എന്നെ ഇങ്ങനെ വിടില്ല നിന്റെ സ്വഭാവം അച്ഛനെ അറിയാം നിനക്ക് വേണ്ട വഴി എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവണം അപ്പൊ മകൻ പറഞ്ഞു ശരിയാ മരിക്കാൻ കിടക്കുമ്പോ അച്ഛൻ പറഞ്ഞു എവിടെയോ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് തുറന്നു നോക്കാൻ പറഞ്ഞു എന്നാ തുറന്നു നോക്കൂ ഇത് പുറത്തുനിന്ന് ആരെങ്കിലും ഇന്ന് പറയണം അപ്പോഴേ ഓർമ്മ വരുള്ളൂ അപ്പൊ തുറന്നു നോക്കി ആ പെട്ടിയുടെ ഉള്ളില് കടലാസ് ആ കടലാസില് പറഞ്ഞിരിക്കുന്നത് വീട്ടിലുള്ള കസേരയും കട്ടിലും ഒക്കെ വിൽക്കുക ഭക്ഷണിയാവുമ്പോ കസേരയും കട്ടിലും ഒക്കെ വിൽക്കയാള് പറഞ്ഞു ഇത് എന്തു ഉപദേശം ഈ ഇരുമ്പ് കസേരയും മരം കൊണ്ടുള്ള കട്ടിലൊക്കെ വിറ്റിട്ട് ഇത്ര കോടീശ്വരനായി ജീവിച്ച എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റുമോ സുഖമായിട്ട് ഒക്കെ പണമൊക്കെ നഷ്ടായില്ലേ അപ്പൊ അച്ഛന്റെ സുഹൃത്തായിട്ടുള്ള ആ അയാള് പറഞ്ഞു ഏത് കസേര കസേരയും കട്ടിലൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞു അപ്പൊ വീട്ടില് കസേരയും കട്ടിലും കാണിച്ചു കൊടുത്തു ആ കസേര ഒന്ന് ഇത്തിരി ബ്ലേഡ് കൊണ്ട് സ്ക്രാച്ച് ചെയ്ത് നോക്കി അതൊക്കെ സ്വർണ്ണമാണ് അതിന് മേലെ കറുപ്പ് പെയിന്റ് അടിച്ച് ഇരുമ്പ് പോലെ ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ് മകന് ഉപയോഗിക്കേണ്ടി വരുമ്പോ ഇത്തിരി സ്ക്രാച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇയാൾക്ക് വേണ്ടതൊക്കെ അതിനകത്തുണ്ട് പൊട്ടൻഷ്യലി അതറിഞ്ഞ ക്ഷണത്തിൽ തന്നെ അയാൾ കൊടീശ്വരനായിക്കഴിഞ്ഞു ഇനിയിപ്പോ വ്യവഹരിച്ച് അതിന് വിറ്റ് കാശുണ്ടാക്കുന്നത് പിന്നെയാണ് അല്ലേ അതേപോലെ ഈ ജീവന്റെ ഭൗതികമായ ശാരീരികമായ ഊർജവും വ്യയമായി പോകും മാനസികമായ ഊർജവും വ്യയമായി പോകും എല്ലാം വ്യയമായി പോകുമ്പോഴാണ് ഈ സർവവും കളഞ്ഞുകൊളിച്ച ചക്കനെ പോലെ നമ്മൾ നിൽക്കുക അപ്പൊ ഒന്ന് ആലോചിച്ചാൽ മതി അവ്യയമായ ഊർജം പ്രദാനം ചെയ്യാവുന്ന ഒരു സോഴ്സ് എവിടെ ഉണ്ടാവണം എനിക്കിപ്പോൾ ഊർജം ബയോളജിക്കലാണ് സൈക്കളോജിക്കലാണ് സൈക്കിക് സെന്ററിലുള്ള ഊർജ്ജം ഒക്കെ പോയി സൈക്കിക് എനർജിയും പോയി ഫിസിക്കൽ എനർജിയും പോയി കഴിയുമ്പോൾ ഞാൻ തളർന്നു നിൽക്കുകയാണ് ലോകത്തിലെ ഫിസിക്കൽ പ്ലെയിൻ ആൻഡ് സൈക്കിക് പ്ലെയിൻ ഈ രണ്ട് പ്ലെയിനും വെച്ചുകൊണ്ടാണ് എനിക്ക് സുഖിക്കേണ്ടത് എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കണത് ഇത് രണ്ടും എന്നെ കൈവിട്ട് കഴിയുമ്പോൾ ഞാൻ തളർന്നു നിൽക്കുകയാണ് ഞാൻ എങ്ങനെ സ്വതന്ത്രനാവും എനിക്ക് എവിടെയാളുള്ളത് എനിക്ക് വേണ്ട വഴി എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയണത് ഈ ഘട്ടത്തിൽ നിനക്ക് അന്യ ഉപദേഷ്ടാവ് വേണം നിനക്ക് സ്വയം തോന്നില്ല അന്വേഷിക്കൂ സത്യം കണ്ടെത്തിയവരോട് ചെന്ന് ചോദിക്കൂ പരിപ്രശ്നം ചെയ്യൂ ചോദിച്ചാൽ അവര് പറഞ്ഞുതരും കേട്ടാ മതി നിനക്ക് വേണ്ടതറിയാം അങ്ങനെ ചെന്ന് ചോദിക്കുമ്പോ നമുക്ക് ഋഷികൾ കാണിച്ചു തരണത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആവശ്യം തന്നെ നമുക്കില്ല ദിവസവും സുഷുപ്തിയില് ഈ ശരീരവും മനസ്സും നമ്മൾ ഏതൊന്നും ഉപയോഗിച്ചുകൊണ്ടാണോ നമ്മൾ സുഖിക്കണത് എന്ന് ധരിച്ചു വെച്ചിരിക്കണത് അത് രണ്ടിനെയും മാറ്റിവെക്കുമ്പോഴാണ് യൂണിവേഴ്സലായിട്ട് എല്ലാവർക്കും എല്ലാ ദിവസവും സുഖം ഒരേപോലെ ഉണ്ടാവുന്നത് നമ്മൾ എന്തെങ്കിലും സാധന ചെയ്ത് ഉണ്ടാക്കിയ സുഖമല്ലോ കൃതമല്ലാതെ അകൃതം എന്നാണ് അതിന് പേര് കൃതമല്ല സാധന ഒന്നും ചെയ്താൽ ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങാൻ പ്രാക്ടീസൊന്നും ചെയ്യാൻ പറ്റില്ല പ്രാക്ടീസ് ചെയ്യുന്നവരെ ഉറങ്ങാൻ പറ്റില്ല അല്ലേ ഒരു പ്രാക്ടീസും വേണ്ട ഉറങ്ങാൻ നോക്ക് ഉറക്കം എന്ന് ഞാൻ പറയുമ്പോ നിങ്ങൾക്കൊരു ക്ഷുദ്രത ഉണ്ടാവും അതില്ല അയ്യ ഇത് എന്ത് ഉറക്കത്തിൽ എന്തിരിക്കണോ എന്ന് നമ്മളുടെ സകല വേദവേദാന്തങ്ങളും ഉറക്കത്തിൽ നിന്നാണ് വന്നിരിക്കണം ഉറക്കത്തിനെ കാണിച്ചു കൊണ്ടാണ് എന്നുവെച്ചാൽ ഉറങ്ങണം എന്നല്ല അവർ പറഞ്ഞത് പക്ഷെ ഉറക്കം എന്നുള്ള അവസ്ഥയെ കാണിച്ചു തന്നു ബൃഹദാരണ്യ ഉപനിഷത്തിൽ അതിന് ഉദാഹരണം പറയണത് അഹരഹർ ഗന്യാ ദിവസവും സ്വർണഖനിയുടെ മേലെക്കൂടെ അങ്ങടും ഇങ്ങടും അങ്ങടും ഇങ്ങടും നടന്നിട്ട് ചുവട്ടില് സ്വർണമുണ്ടെന്ന് അറിയാത്ത ആളുകളെ പോലെ ഉറക്കമെന്ന് പറയുന്ന അദ്ഭുതമായ ഒരു അവസ്ഥയിലേക്ക് ദിവസം ഈ ജീവൻ പോവുകയും പുറത്തു അറിവോടുകൂടെയാണ് പോയിട്ട് വരുന്നതെങ്കിൽ അവന് സത്യം അവനെ അനുഗ്രഹിക്കും തത്വമസി മഹാവാക്യോപദേശം ചാന്തോഗ്യോപനിഷത്തിൽ ഇതിനെ വെച്ചുകൊണ്ടാണ് ഈ ഉറക്കം എന്നുള്ള അവസ്ഥയെ വെച്ചുകൊണ്ടാണ് സകല ഉപനിഷ ബ്രഹധാരണയവും ചാന്തോഗ്യം മാണ്ടൂക്യം ഈ മൂന്നും ഉറക്കം വളരെ പ്രധാനമാണ് ഭഗവാൻ രമണ മഹർഷി ഈ ഡീപ് സ്ലീപ് സ്റ്റേറ്റിന് തൊണ്ണൂറ് പ്രാവശ്യത്തിലധികം ടോക്സ് വിത്ത് മഹർഷിയിൽ എടുത്തു പറയേണ്ടത് ശ്രദ്ധിച്ചു നോക്കുക എന്നാണ് അവിടെ എന്താ ഉള്ളത് എന്ത് സംഭവിക്കണം അവിടെ ശരീരത്തിനെ മാറ്റി വെച്ചു മനസ്സിനെ മാറ്റിവെച്ചു എന്റെ വളരെ പ്രധാനമായ എൻ്റെ ഈ പേഴ്സണാലിറ്റി വ്യക്തിത്വം അതിനെയും മാറ്റിവെച്ചു അവിടെ എനിക്ക് ശോകമില്ല അവിടെ എനിക്ക് ഭയമില്ല അവിടെ എനിക്ക് മൃത്യുവില്ല അവിടെ എനിക്ക് അന്യനായ ആരുമില്ല അവിടെ ഞാനും എന്നിൽ നിന്ന് അന്യമായ ഒരു ഈശ്വരനും ഇല്ല അല്പമില്ല അവിടെ ഭൂമാവാണുള്ളത് ഭൂമാവൈ സുഖം അൽപേ സുഖമസ്തി ഉറങ്ങി എഴുന്നേറ്റ ഉടനെ അല്പം വന്നു അല്പം എന്താന്ന് വെച്ചാൽ എന്റെ പെർസനാലിറ്റി നമ്മൾ പറയണത് ഗീതാ ഫോർ പെർസനാലിറ്റി ഡെവലപ്മെന്റ് അല്പന് സ്വല്പം കിട്ടിയ പാതിരാത്രിക്ക് കൊടപിടിക്കും എന്നൊരു ചൊല്ലുണ്ടല്ലേ ആ പാതിരാത്രിക്ക് കൊടപിടിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഗീതാക്ലാസും ഉപനിഷത്തും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ഒക്കെ ഈ പെർസനാലിറ്റിയെ സത്യമല്ലല്ലോ നിങ്ങൾ ഇതിനെന്ത് ഡെവലപ്പ് ചെയ്താലും ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ചേഞ്ചിങ് ഈ പെർസനാലിറ്റി ഇവിടെ കടന്നുറങ്ങിയാ പോയി ഭൂമാവൈ സുഖം നാൽപ്പുസ്ഥി നാരദ മഹർഷിക്ക് സനത്കുമാരൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ചാന്തോക്യോപനിഷത്തില് നാരദൻ പറയുന്നു ഞാൻ നാലുവേദവും പഠിച്ചു ശബ്ദവിദേവാഹവസ്മി ഞാൻ അറിഞ്ഞത് മുഴുവൻ വെറും ശബ്ദം മാത്രമാണ് കുറെ നാമവും ഒരു ശബ്ദവും മാത്രമാണ് എനിക്കൊന്നും പ്രയോജനപ്പെട്ടില്ല എന്ന് പറയുമ്പോഴാണ് സനത് കുമാരൻ നാരദരെ ആഹാരം ശുദ്ധമായാൽ സത്വഗുണം ശുദ്ധമാവും സത്വഗുണം ശുദ്ധമായാൽ അകമയ്ക്ക് ശ്രദ്ധ തെളിയും ശ്രദ്ധ തെളിഞ്ഞാൽ നമ്മൾക്ക് നഷ്ടപ്പെടാൻ സാധിക്കാത്തതും എപ്പോഴും ഉള്ളതുമായിട്ടുള്ള ഒരു സത്യത്തിനെ നമ്മൾ കാണും കണ്ടത് മറക്കാതെയും മറക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് അനന്തമാണ് നിങ്ങളുടെ സ്വരൂപമെന്നും ഈ അല്പമായ വ്യക്തിത്വം വെറും ഭ്രമമാണെന്നും ആ വ്യക്തിത്വത്തിനെ ഉപേക്ഷിക്കുന്നതിലാണ് പരമമായ ഹിതമുള്ളതെന്നും നിങ്ങൾ അറിയും അപ്പൊ വ്യക്തിത്വത്തിനെ ഉപേക്ഷിക്കാനും സത്തയെ സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാവും സത്തയെ സ്വീകരിക്കുകയും വ്യക്തിസത്തയെ ഉപേക്ഷിക്കുക എന്നുവെച്ചാൽ പ്രാമുഖ്യം കൊടുക്കാതിരിക്കുകയും ചെയ്യും അതിനു പുറകിലുള്ള സത്യത്തിനെ കുറിച്ച് ഞാൻ ബോധവാനാവുകയും ആ സത്യം സദാ ഉള്ളതായി കാണുകയും അനുഭവിക്കുകയും ചെയ്താൽ ഭൂമാവിൽ ഞാൻ പ്രതിഷ്ഠിതനാവും അനന്തത്തിൽ പ്രതിഷ്ഠിതനാവും അല്പത്തിലല്ല ഇപ്പൊ നമ്മളുടെ സ്ഥിതി അല്പത്തിലാണ് ഈ അല്പം ഈ ജന്മത്തില് കഴിഞ്ഞ ജന്മത്തിൽ കുറച്ച് ജന്മത്തിൽ നിൽക്കുകയും മാറുകയും പരിണമിക്കുകയും ജന്മമൃത്യു ജലാവ്യാധികൾക്ക് അടിമയാണ് ആ ഭൂമാവാകട്ടെ തത്സത്യം തുദ്ധം വിമലം വിശോകം അമൃതം സത്യം പരം ധീമഹി അത് പരമശുദ്ധമാണ് അവിടെ ശോകമില്ല അത് മരണമില്ലായ്മേ സ്വരൂപമായിട്ടുള്ളതാണ് സദാസിദ്ധമായിട്ടുള്ളതുമാണ് ആ ഭൂമാവിനെ ദിവസം സുഷുപ്തിയിൽ അതാണ് പറയുന്നത് നമുക്ക് ഓൾറെഡി ഉള്ള എക്സ്പീരിയൻസ് ആണ് അനുഭവമാണ് ആ അനുഭവത്തിനെ ശ്രദ്ധിക്കാണ് ആദ്യത്തെ പടി സുഷുപ്തിയെ കാണിക്കുകയാണ് പിന്നെയാണ് അതിന് അപ്പുറം പോവുക ആദ്യ സുഷുപ്തി ജാഗ്രത്തും സ്വപ്നത്തിന്റെയും ഭയങ്കരമായ പിടിയിലാണ് നമ്മൾ ഇപ്പോഴേ മഹർഷി ഒരിടത്ത് പറയുന്നു ദ സ്കോർപ്പിയോണിക് ഗ്രീപ്പ് ഓഫ് വേക്കിംഗ് സ്റ്റേറ്റ് എന്നാണ് ജാഗ്രതാവസ്ഥയുടെ ഭയങ്കരമായ കരാളഗ്രാസത്തിലാണ് നമ്മള് അതിന്റെ പിടിയിൽ നിന്ന് വിമുക്തമായി ദിവസം എന്തൊക്കെ ശോകമുണ്ടെങ്കിലും ഭർത്താവ് മരിച്ചിട്ട് തലയ്ക്കടിച്ചു കരയുന്ന യുവതിയായ ഭാര്യ ഭർത്താവിന്റെ ശവത്തിന്റെ മേലെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങണു തട്ടി എഴുന്നേപ്പിച്ച എന്നെ എന്തിനെ എഴുന്നേപ്പിച്ച ഇത്തിരി സമാധാനമായിട്ട് ഇരുന്നതാണ് അവിടെ എന്തുപറ്റി ഒക്കെ മറന്നു മറന്നു വെച്ചാൽ എന്നെ തന്നെ മറന്നു അവിടെ രാജ ഇല്ല മന്ത്രിയില്ല ദരിദ്രനില്ല ധനവാനില്ല പിതൃഘ്നനില്ല ഭ്രൂണഘ്നൻ ഇല്ല എന്നൊക്കെയാണ് ശ്രുതി പറയണത് അവിടെ ഒന്നുമില്ല പാപിയില്ല പുണ്യവാനില്ല സ ആത്മാ അപഹതപാത്മാ വിചരോ വിമൃത്യുഹോ വിശോക സത്യകാമ സത്യസങ്കൽപ്പഹ എപ്പോഴും ഉള്ളതാഴുന്നതാണ് എപ്പോഴും സിദ്ധമാണ് അത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമാണ് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമാണ് നിത്യമാണത് അതിശുദ്ധമാണ് ഇറ്റ്സ് എവർ ഫ്രീ ഇറ്റ് കൻ എവർ ബി ബൗണ്ട് ഒരു ബന്ധത്തിനും അത് വഴങ്ങില്ല ആനന്ദമേ അതിന്റെ സ്വരൂപമാണ് ശാന്തിയെ അതിന്റെ സ്വരൂപമാണ് അങ്ങനെ ഒരു സത്യം സുഷുപ്തിയിൽ നമ്മൾ അറിയാതെ അതിൽ ചെന്ന് നമ്മളെ ഇല്ലാതാക്കുകയും സത്യമായി ഇരിക്കുകയും ചെയ്യുകയും എല്ലാ ദുഃഖങ്ങൾക്കും ഒരു അറുതി കാണുകയും ചെയ്യുന്നു ശരീരത്തിനെന്നും മനസ്സെന്നുമാണ് നമുക്ക് സകല വിഷമവും ഈ വിഷമവും ഉണ്ടാക്കുന്ന ശരീരത്തിനെയും മനസ്സിനെയും അഴിച്ചു വെക്കുകയാണ് ഉറക്കത്തിൽ ഒരു വിഷമല്ല ഏറ്റവും വലിയ വ്യാധിയുള്ള ആൾ ഉറങ്ങിക്കഴിഞ്ഞ എളുപ്പത്തിലുള്ള പരിഹാരം അതാണ് അതിനെ വെച്ചുകൊണ്ടാണ് ഋഷികൾ കണ്ടെത്തിയത് ശരീരവും മനസ്സും നമ്മളുടെ നിത്യനിരന്തരമായ സ്ഥാനമല്ല എന്ന് നിരൂപണം അതിനാണ് സുക്ഷുപ്തി ഉപകാരപ്പെട്ടത് ഏറ്റവും വിഷമിച്ച ഒരാൾ ഉറങ്ങിക്കഴിയുമ്പോ അയാളുടെ വിഷമവും വിഷമിക്കുന്നവനും പോയി കഴിയുമ്പോ ഈ വിഷമവും വിഷമിക്കുന്നവനുമൊക്കെ കേവലം ജാഗ്രതാവസ്ഥയിൽ കുറച്ചു നേരം നിൽക്കുന്ന ഒരു ഫിനോമിനൻ മാത്രമാണെന്നും സത്യമല്ല എന്നും സുഷുപ്തിയിൽ വാസ്തവത്തിൽ ഉണ്ടല്ലോ എനിക്ക് വിഷമമില്ലല്ലോ ദുഃഖമില്ലല്ലോ മരണമില്ലല്ലോ നിത്യനിരന്തരമായി ഇരിക്കുന്നുവല്ലോ അപ്പൊ എനിക്ക് ശരീരമോ മനസ്സോ ഈ അല്പമായ വ്യക്തിത്വമോ ഇല്ലാതെ ഇരിക്കാൻ കഴിയുമെന്നും ദിവസം പ്രകൃതി കാണിച്ചു അപ്പൊ ബോധപൂർവം ജാഗ്രത്തിൽ ഈ ശരീരവും ഈ മനസ്സും ഈ വ്യക്തിത്വവും മരുഭൂമിയിൽ ദൂരത്തില് വെള്ളം കണ്ടു ദാഹം കൊണ്ട് വെള്ളം കുടിക്കാൻ ഓടി അവിടെ വെള്ളമില്ല തിരിച്ചു വന്നപ്പോ വീണ്ടും കണ്ടു ഇങ്ങനെ മൂന്നു നാലു പ്രാവശ്യം ഓടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി വെറുതെ തോന്നലാണ് വെള്ളമില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഇനി ഓടില്ല വെള്ളം കണ്ടാലും ഓടില്ല അല്ലെ അതേപോലെ ദിവസം സുഷുപ്തിയിൽ പോയിട്ട് വരുമ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തീരുമാനിക്കുകയാണ് ആ സ്ഥിതിയെ ഒന്ന് എനിക്ക് ബോധപൂർവം അറിയണം ദിവസം അവിടെ പോവുകയും ശരീരത്തിനെയും മനസ്സിനെയും എന്റെ വ്യക്തിത്വത്തിനെയും മാറ്റിവെക്കുകയും സുഖമായിട്ടിരിക്കുകയും വീണ്ടും ഭയങ്കരമായ ഭാരമുള്ളതായി വ്യക്തിത്വ വരികയും ചെയ്യുന്നു ഇങ്ങനെ പല മുറ പോവുകയും ചെയ്തു കഴിഞ്ഞ് സുഷുപ്തിയിൽ ഇല്ലാതാവുന്ന ഈ ശരീരവും മനസ്സും വ്യക്തിത്വവും ജാഗ്രതത്തിൽ പൊന്തി വരികയാണെങ്കിലും മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെയാണ് വാസ്തവം അല്ല എന്ന് ധരിച്ചുവിടെ പരിണമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ശരീരം പരിണമിച്ചുകൊണ്ടേയിരിക്കുകയാണ് മനസ്സ് ുദ്ധി എന്റെ അഹങ്കാരം ഒക്കെ പരിണാമ പരിണാമത്തിന് വിധേയമാണ് പക്ഷെ ഒരു പരിണാമവും ഇല്ലാതെ ഇതിന് പുറകിൽ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ ഒരു സത്ത കിട്ടിട്ടുണ്ട് സത്താ ചിത് സുഖരൂപമസ്തി സതതം നാഹം നചത്വം മൃഷ നേതംവാ ജഗത് പ്രദൃഷ്ടംസ്വേദു മാത്രാസ്തുതേ സംശയ ആചാര്യസ്വാമികൾ പ്രൗഢാനുഭൂതി എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗംഭീരമായ ഒരു കൃതിയാണ് അതിൽ ശിഷ്യൻ ചെന്ന് ഗുരുവിനോട് ചോദിക്കുകയാണ് എനിക്ക് ഉപദേശിച്ചു തരും ൻ പറയാണ് സത്താചിത് സുഖരൂപമസ്തി സതതം എപ്പോഴും സുഖസ്വരൂപമായ സത്താചിത് സുഖരൂപമസ്തി സതതം നാഹം നചത്വം മൃഷ ഞാനും ഇല്ല നീയുമില്ല കുഞ്ഞ് തോന്നണതോ തോന്നുക മാത്രമാണ് കുറച്ചു കഴിഞ്ഞ ഇല്ലാതായിട്ട് തീരും ഇപ്പൊ തോന്നണണ്ടല്ലോ തോന്നും എത്ര കാലം തോന്നും എല്ലാ ഏകദേശം അമ്പതും നാൽപ്പതും റേഞ്ചിലുള്ളവരാണ് ഇനിയും കുറച്ച് വർഷം തോന്നും ഈ ജാഗ്രതത്തിന് സത്യം കൊടുത്താൽ പോലും കുറച്ച് വർഷം തോന്നും അത് കഴിഞ്ഞാലോ എപ്പം അറിയുന്ന പറയാൻ പറ്റില്ല നാഹം നചത്വം നേതംവാദൃഷ്ടഖിലംസ് ജാനീഹി ഭഗത്തും വാസ്തവത്തിൽ ഇല്ലെന്ന് അറിഞ്ഞോളൂ ഞാനിത് പറയുന്നത് എനിക്ക് വലതും കിട്ടാൻ വേണ്ടിയിട്ടല്ല യ്രോക്തം കരുണാവശാത്വമയാ കാരുണ്യം കൊണ്ട് തന്നോട് ഞാൻ എന്ത് പറഞ്ഞോ ഇത് ശുദ്ധബുദ്ധി രസിച്ചേത് ശ്രദ്ധസ്വ നീ ശുദ്ധ ബുദ്ധിയാണെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കൂ മാത്രാസ്തുതേ സംശയ ഇതിൽ അല്പം പോലും തനിക്ക് സംശയം ഉണ്ടാവാതിരിക്കട്ടെ ഇതറിഞ്ഞു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യാനുണ്ട് കുഞ്ഞെ ഒന്നും ചെയ്യാനില്ല ആത്മാനാത്മവിവേചനാഭിമനോ വിനി ആത്മാഅ അനാത്മാ വിവേചനം പോലും വേണ്ട എന്നാണ് അനാത്മാനാസ്തി യഥസ്തി ഗോചര വപുഹു കോവേക് ഷമി ഇനിയിപ്പോ ശരീരം മനസ്സൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഉണ്ടെന്ന് വെച്ചാൽ ശരീരമനസ്സിലൊക്കെ ആർക്കാണ് ഇന്നേ വരെ ഇന്നതാണ് ശരീരമെന്നും ഇന്നതാണ് മനസ്സെന്നും ഏത് ശാസ്ത്രത്തിന് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് മായക്ക് നിർവചനമേ സാധ്യമല്ല ശങ്കരൻ അന്നേ പറഞ്ഞതാ ഒരിക്കലും അതുകൊണ്ടാണ് ഋഷികൾ ഇതിനൊന്നും കാര്യമായി മെനക്കെടാത്തത് എന്തോ ജീവിച്ചു പോകുന്നതാണ് വ്യവഹാര പ്രപഞ്ചം പ്രാരബ്ധമാണ് അതിൽ ഒരുവിധം ഒപ്പിച്ച് ജീവിച്ചു തീർക്കുക ശ്രദ്ധയെ സത്യത്തിൽ വിടുക വ്യവഹാരം അങ്ങനെ പോകട്ടെ നമ്മളിപ്പോ എന്തായി വ്യവഹാരത്തിലെ സർവശ്രദ്ധയും സത്യത്തിൽ അശ്രദ്ധയുമാണ് സത്യത്തിലെ ശ്രദ്ധയും വ്യവഹാരം ഒരുമാതിരി എന്തോ കൊടുത്തു ജീവിച്ചു ഇങ്ങനെ പോയി അത്ര അത് എല്ലാവർക്കും വേണം വ്യവഹാരം ആർക്കും വേണ്ട വയ്ക്കാൻ പറ്റില്ല അത് തൽക്കാലത്തേക്ക് നമുക്ക് വീണ് കിട്ടിയിരിക്കണതാണ് അത് നഷ്ടപ്പെട്ടു പോകും പക്ഷെ നഷ്ടപ്പെട്ടു പോണതിൽ ശ്രദ്ധ വേണ്ട ശാശ്വതത്തിലെ ശ്രദ്ധയെ വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോണത് സ്വധർമ്മം എന്ന നാട്ടിൽ അങ്ങട് ചെയ്തു തീർക്കുക ഗീതയുടെ മുഴുവൻ സിദ്ധാന്തം ഏതാണ് അല്ലാതെ ഗീതയുടെ സിദ്ധാന്തം ഡ്യൂട്ടി ചെയ്യൂ കർമ്മം ചെയ്യൂ എന്നൊന്നുമല്ല കർമ്മം ചെയ്യാതിരിക്കാൻ നിനക്ക് പറ്റില്ല അർജുന നിന്റെ ശരീരം തന്നെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് നിന്റെ ശരീരത്തിലുള്ള ഓരോ കോശത്തിലും അർജുനൻ എന്ന് പറയുന്ന ഈ വ്യക്തിത്വത്തിന്റെ സ്വഭാവം ഒളിഞ്ഞ് കിടക്കണുണ്ട് നീ ഞാൻ അമ്പെടുക്കില്ല വില്ലെടുക്കില്ലാന്ന് പറഞ്ഞാലും പത്ത് ദിവസത്തേക്ക് വ്രതം എടുത്തിരുന്നാൽ ദിവസം സ്വപ്നത്തിൽ നീ ആയിരം പേരെ യുദ്ധം ചെയ്ത് കൊല്ലും കാരണം അത്രയും നിന്റെ ഉള്ളിൽ ഭാവനയുണ്ട് അത് നിന്റെ സ്വഭാവമാണ് നിനക്ക് വേണ്ട വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് തിനെ സമ്മതിച്ചു തരുകയാണ് ചെയ്തോളൂ പക്ഷേ ശ്രദ്ധയെ അവിടുന്ന് തിരിച് കർത്താവോ ഭോക്താവോ താനല്ല എന്നറിഞ്ഞ് നിത്യവസ്തുവിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് യോഗസ്ഥ കുരു കർമ്മമാണ് യോഗത്തിൽ ഇരുന്നുകൊണ്ട് യുദ്ധമോ എന്തു നടക്കട്ടെ നിന്റെ സ്വഭാവം നിന്റെ ജയിലാണ് അത് ഉപേക്ഷിക്കാൻ എനക്ക് കഴിയില്ല അതിനുപേക്ഷിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സത്യത്തിന് അറിഞ്ഞ് അത് താനല്ല എന്നറിഞ്ഞാൽ അത് ഉപേക്ഷിക്കപ്പെടും ബാഹ്യമായി ഉപേക്ഷിക്കാൻ പറ്റില്ല വ്യവഹാരം നടക്കട്ടെ പക്ഷേ പരമാർത്ഥത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് വ്യവഹരിക്കുക രാമകൃഷ്ണപരമം സർ പറയണ പോലെ അദ്വൈതത്തിനെ തുണിത്തുമ്പില് കെട്ടിക്കൊണ്ട് ലോകത്തിൽ നടക്കുമെന്നാണ് പണി ചെയ്യൂ എന്നാണ് സത്യം അറിഞ്ഞിട്ട് ലോകവ്യവഹാരമൊക്കെ നടക്കട്ടെ സന്തോഷമായിട്ട് സത്യം അറിഞ്ഞ ആൾക്ക് രണ്ടു കൊമ്പൊന്നും മുളയ്ക്കല അയാൾ സർവസാധാരണനാണ് അയാൾ ഒരുപക്ഷെ യോഗിയോ മറ്റൊന്നും ആയിരിക്കില്ല ജീവൻ മുക്തനെ കണ്ടെത്തുക വളരെ അയാളിൽ ചിലപ്പോൾ ഒരു പ്രത്യേകതകളും ഉണ്ടാവില്ല ഇവിടെ ഞാൻ എവിടെയോ കണ്ടു ജ്ഞാനേശ്വരിയില് ജ്ഞാനേശ്വരൻ സ്ഥിരപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ പറയണം സർവ്വസാധാരണമായി വ്യവഹാര അയാൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണത് പോലുമില്ല എന്നുവെച്ചാൽ അയാളുടെ ഇന്ദ്രിയങ്ങൾ സഹജമായി എങ്ങനെ സഞ്ചരിക്കുമോ അങ്ങനെ സഞ്ചരിക്കും എന്നുവച്ചാൽ അയാൾ തോന്നിയ പോലെ നടക്കുമെന്നല്ല അർത്ഥം സാധനാ തന്നെ അയാൾക്ക് ഇന്ദ്രിയനിഗ്രഹമൊക്കെ വന്നിട്ടുണ്ടാവും അതിലൊന്നും അയാളുടെ ശ്രദ്ധയില്ല ശരീരത്തിലോ ഇന്ദ്രിയങ്ങളിലോ മനസ്സിലോ ഒന്നും ശ്രദ്ധയില്ല സദാ സത്യത്തിൽ രമിക്കുന്നവൻ പുറമേക്ക് വളരെ സർവ്വസാധാരണനായിട്ട് തോന്നാം അയാൾക്ക് പ്രത്യേകിച്ച് ഒരു ധ്യാനം വേണ്ട യോഗം വേണ്ട സാധന വേണ്ട അനുഷ്ഠാനം വേണ്ട യാതൊന്നും വേണ്ട സത്യദർശി സർവദാസ്വതന്ത്രനാണ് അതുകൊണ്ട് തന്നെ സത്യദർശികളെ കണ്ടെത്തുക അറിയുക വളരെ വിഷമമാണ് പുറമേക്ക് ഒരു പ്രത്യേകത ഉണ്ടാവില്ല പ്രത്യേകത ഇവിടെയാണ് അകമയ്ക്കുള്ള ആനന്ദത്തിലാണ് ശാന്തിയിലാണ് സ്വാതന്ത്ര്യത്തിലാണ് ആ സ്വാതന്ത്ര്യം എവിടെ നിന്ന് വന്നു നിത്യമായ വസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് വന്നതാണ് അനിത്യമായ ശരീരത്തിനെയും മനസ്സിനെയും വ്യവഹരിക്കുക ക്ഷേത്രം വേറെ ക്ഷേത്രജ്ഞൻ വേറെ ക്ഷേത്രജ്ഞനെ അറിഞ്ഞു ക്ഷേത്രത്തില് ക്ഷേത്രത്തിന്റെ വ്യവഹാരമൊക്കെ നടക്കുന്നു ഇതിനൊക്കെ അപ്പുറം സ്വയം സ്വരൂപ പ്രതിഷ്ഠിതനായ ആള് സ്വതന്ത്രനായിട്ട് ഇങ്ങനെ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിന് കഴിഞ്ഞ അധ്യായത്തില് പറഞ്ഞു അതിന്റെ ഏകദേശ രൂപമാണ് ഇന്ന് നമ്മള് ആമുഖമായിട്ട് പറഞ്ഞത് മുക്തി എന്ന് വെച്ചാൽ എന്താണ് ജീവൻ മുക്തി എന്ന് വെച്ചാൽ എന്താണ് ആത്മസാക്ഷാത്കാരം എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ഏകദേശം പറഞ്ഞത് അപ്പൊ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതെന്റെ കുറ്റമല്ല ഇത് മനസ്സിലാവാനുള്ളതും അല്ല മനസ്സില്ലാതാവുമ്പോ ഇതൊക്കെ തെളിയും മനസ്സിനപ്പുറം നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ തെളിയും മനസ്സിന് ഈ സത്യത്തിനെ പിടിക്കാൻ സാധ്യമല്ല മനസ്സിന് വിനയം ഉണ്ടാവുമ്പോ എന്ന് വെച്ചാൽ മനസ്സ് സ്വയം പരിശ്രമിച്ചടങ്ങുമ്പോ സത്യം അവിടെ ഉണ്ടെന്ന് സത്യം സ്വയമേവ് വിളിച്ചു അങ്ങനെ സത്യം തന്നെ സത്യത്തിനെ കാണിച്ചു ഈ മനസ്സ് ജഡശശക്തിയാണ് സാക്ഷാത്കാരം ഉണ്ടാവുന്നത് ചിത്തിശക്തി കൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ രണ്ട് നാമാണ ജഡശശക്തിർ ജഡാത്മിക ചിത് ശക്തി ചേതനാരൂപ ചിത് ശക്തി നമ്മളെ ചേതനയോട് തിരി അടുപ്പിക്കുകയും ജഡശക്തി നമ്മളെ സദാ വസ്തുക്കളോട് ബന്ധിപ്പിക്കുകയും ചെയ്യും നമ്മളുടെ മനസ്സ് സദാ വസ്തുക്കളോട് ബന്ധിപ്പിക്കണതാണ് സദാ വസ്തുക്കളോട് ബന്ധിപ്പിക്കണതാണ് അതിനെന്തെങ്കിലും നാമമാണ് രൂപം വേണം അതുകൊണ്ടാണ് ആത്മാ നിർഗുണം നിരാകാരം എന്നൊക്കെ പറയുമ്പോൾ വളരെ വിഷമം പിടിച്ചതാണ് ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് മനസ്സിലാകാനൊരു രൂപമാണെന്നൊക്കെ പറയണതൊക്കെ ഈ ജഡശക്തിയാണ് ചിത്ശക്തി ഇതിന്റെ പിടിയിൽ പെടില്ല ജീവൻ അല്പം സാധനയും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാറ്റിനുമേലെ ദൈനംദിന ജീവിതത്തിൽ നിസ്സംഗനും നിഷ്കാമനുമായിട്ട് അവനവന്റെ വ്യവഹാരം ചെയ്യുകയാണെങ്കിൽ ഇയാളുടെ ചിത്തം ശുദ്ധമാവും ശുദ്ധമായ ചിത്തം ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ നമ്മളെ പരിഭാഗപ്പെടുത്തും അല്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല ചിത്തശുദ്ധിയുടെ ലക്ഷണം ആത്മവിദ്യ കേൾക്കാനുള്ള തയ്യാറെടുപ്പാണ് ആചാര്യസ്വാമികൾ കർമ്മകാണ്ഡത്തിന് അത്രയേ ഉപയോഗം വെച്ചുള്ളൂ പക്ഷെ അത് വളരെ വലിയ ഉപയോഗമാണ് അത്രയോ ഉപയോഗം എന്നുള്ളത് കൊണ്ട് ചുരുക്കമല്ല കർമ്മകാണ്ഡത്തിന് അദ്ദേഹം വെച്ച് ഉപയോഗം കർമ്മകാന്ഡം എന്ന് വെച്ചാൽ വൈദിക കർമാനുഷ്ഠാനങ്ങൾ മാത്രമല്ല നമ്മളുടെ കർമ്മവ്യവഹാര മുഴുവൻ നമ്മൾ നിസ്സംഗവും നിഷ്കാമ്യവും ചുരുക്കത്തിൽ നിസ്വാർത്ഥവുമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്വാർത്ഥത്തിലാണ് സുഖമേ അത് വളരെ സൂക്ഷ്മമാണ് ഒത്തിരി നിങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് സ്വാർത്ഥത്തിലാണ് സുഖം ഉള്ളത് അതുകൊണ്ട് സ്വാർത്ഥമല്ലാത്ത ലോകത്തില് സാധാരണ ആരും ഒന്നും ചെയ്യില്ല പക്ഷെ ഒരു ഡീപ്പർ ലെവലിൽ ഒരു സ്വാർത്ഥസുഖമുണ്ട് ഉദാഹരണത്തിന് ബസ്സിൽ പോവാണ് ബസ്സില് ചെറുപ്പക്കാരനായ ഒരാളാണ് പോണതെന്ന് വെച്ചോടുക സീറ്റിൽ ഇരിക്കുമ്പോൾ സീറ്റില് ഇരിക്കാൻ ചാടി കയറി പിടിച്ച് കയറി സീറ്റിൽ കയറിയിരുന്നു എന്തവാ അപ്പാ നല്ല സുഖമായി സ്വസ്ഥമായി ഇനി ഇത്തിരി ഉറങ്ങാം എന്ന് വിചാരിക്കുകയാണ് അപ്പോഴാണ് നടക്കാൻ വയ്യാത്ത ഒരു വൃദ്ധൻ വടിയും കുത്തിപ്പിടിച്ച് നിൽക്കണത് രണ്ടു മൂന്ന് പ്രാവശ്യം നോക്കി നോക്കുമ്പോൾ ഉള്ളിലൊരു വേദന എന്തോ ഒരു വിഷമം മറന്നളയാം എന്ന് വിചാരിക്കുകയാണ് എഴുന്നേറ്റ് കൊടുക്കണോന്നൊക്കെ തോന്നി തോന്നുമ്പോൾ പല യുക്തി നമ്മളുടെ അഹങ്കാരത്തിന്റെ ഫ്രണ്ട്സാണ് നമ്മളുടെ ഉള്ളിലുള്ള ബുദ്ധി ലോജിക് ഒക്കെ അതൊക്കെ പറയും അയാൾ ചിലപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും ഞാൻ എഴുന്നേറ്റ് കൊടുത്ത എന്ത് കാര്യം എനിക്ക് കുറെ ദൂരം പോകണം എന്നൊക്കെ പറയും ബുദ്ധി അതുകൊണ്ടൊക്കെ എഴുന്നേറ്റ് കൊടുത്തില്ല ആ വൃദ്ധൻ കുറേ നേരം നിൽക്കുകയും ചെയ്തു ഞാൻ ഉറങ്ങി പോവുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞ് സ്റ്റോപ്പിൽ ഇറങ്ങി പോകുമ്പോൾ മനസ്സിൽ ഒരു കല്ല് കയ സ്വസ്ഥമായിരുന്നു സ്വാർത്ഥസുഖം എനിക്ക് കിട്ടി പക്ഷെ ഇറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് ഒരു കല്ല് കയറ്റിവെച്ച പോലെ ഉള്ളില് വിഷമം ഇതേ ഇത് ആ വൃദ്ധന് വേണ്ടി എഴുന്നേറ്റ് കൊടുത്തു സ്വാർത്ഥം നഷ്ടപ്പെടുത്തി ശരീരത്തിന് വിഷമുണ്ട് നിക്കണു സീറ്റ് കിട്ടിയില്ല ഒരു മണിക്കൂർ നിൽക്കേണ്ടി വന്നു എന്തിനെയോ ഒന്നിനെ യജിച്ചു ഉള്ളില് അതായത് ചുരുക്കത്തിൽ ഞാനല്ലാത്തതും അയാൾ എത്രയോ ജന്മങ്ങളായി ഞാനാണെന്ന് ധരിച്ചിരുന്നതുമായ എന്റെ ഉള്ളിൽ കയറിക്കൂടിയ ഒരു പ്രേതത്തിനെ ഞാൻ യജിക്കുകയാണ് ചെയ്തത് എഴുന്നേറ്റ് നിൽക്കണത് ചെറിയൊരു കർമ്മം കൊണ്ട് മറ്റേത് ഇരിക്കണത് കൊണ്ട് പ്രേതത്തിന് ശാപ്പാട് കൊടുക്കുക നല്ല ആചാരശീലമായ കുടുംബത്തിൽ ജനിച്ച ഒരാളുടെ ഉള്ളിൽ കള്ളുകൂടി എന്റെ പ്രേതം കയറിയിട്ട് അത് ചോദിക്കും എനിക്ക് കള്ളു വേണം കള്ളു വേണം എന്നൊക്കെ പറയും കൊടുത്താൽ സന്തോഷിക്കണതാരാ ആ ജീവനാണോ അല്ല ഉള്ളിലുള്ള ഈ പ്രേതമാണ് അതേപോലെ ഈ അഹങ്കാരമാണോ പ്രേതം പ്രേതമെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പറഞ്ഞൂല അഹങ്കാരം പ്രേതം എന്ന് വെച്ചാൽ ശവത്തിനോട് ബന്ധമുള്ളത് ആ പ്രേതത്തിനെ നമ്മൾ യജിച്ചുകൊണ്ടാണ് മറ്റേ ആൾക്ക് സീറ്റ് കൊടുത്തിട്ട് എഴുന്നേറ്റ് തോന്നുന്നു ശരീരത്തിനൊക്കെ വിഷമിച്ചു പുള്ളി ഇങ്ങനെ കിടന്ന് പിടഞ്ഞു അത് കുറെ കഴിയുമ്പോൾ എവിടെയോ ഡീപ്പർ ലെവലിൽ നിന്നും ഒരു അമൃതപ്രവാഹം പോലെ ഒരു സുഖമുണ്ടായി അപ്പൊ എന്തായി മറ്റേത് ഇരുന്നാൽ കിട്ടുന്ന സുഖത്തിനേക്കാളും ഡീപ്പർ ലെവലിൽ നിന്നും ഞാൻ ഒരു സുഖം അനുഭവിച്ചു ഇങ്ങനെ പല മുറ യജിക്കുകയും ആ ആഴത്തിൽ നിന്നുള്ള ഒരു സുഖത്തിനെ അനുഭവിക്കുകയും ചെയ്ത് കഴിഞ്ഞ് ഈ ആഴത്തിലുള്ള സുഖത്തിന് അഡിക്റ്റഡ് ആവുന്നവനാണ് നിസ്വാർത്ഥനാവണത് ലോകത്തിൽ അയാളും ഒരു സുഖത്തിന്റെ അഡിക്റ്റ് തന്നെയാണ് പക്ഷെ അയാൾ കണ്ടെത്തിയ സുഖം അല്പം ആഴമായ മണ്ഡലത്തിൽ നിന്ന് അങ്ങനെ ആഴമായ മണ്ഡലത്തിൽ നിന്നുള്ള നിസ്വാർത്ഥസുഖം ഇമ്പെഴ്സണൽ പ്ലഷർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് ഫ്രം ദ പേഴ്സണാലിറ്റി പ്ലെയിൻ ഇറ്റ് കംസ് ഫ്രം എ ഡീപ്പർ പ്ലെയിൻ ആ ഇംപേഴ്സണൽ പ്ലഷർ ഇയാൾ ഉള്ളിൽ അനുഭവിച്ചു തുടങ്ങിയാൽ ഇയാളുടെ കർമ്മമൊക്കെ തന്നെ നിഷ്കാമ്യവും നിസ്സംഗവുമായിട്ട് തീരും അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ എന്താവും ഇയാൾക്ക് അൺകോൺഷ്യസ് ആയി ഒരു ഇന്റലിജൻസ് ജോലി ചെയ്യും ഈ പേഴ്സണാലിറ്റിക്ക് പിന്നിൽ എന്റെ സർവമംഗളത്തിനും കാരണമായിട്ടുള്ള ഒരു പ്ലെയിൻ ഉണ്ട് എന്ന് ഇയാൾ മനസ്സിലാക്കും അത് ഈ പേഴ്സണാലിറ്റിയിലല്ല ഈ പേഴ്സണാലിറ്റിക്ക് സുഖം കൊടുക്കുന്നതിലല്ല അതിൻ്റെ ൂർണമായ തിരോധാനത്തിൽ അതിനെ ബലി കഴിച്ചു കഴിയുമ്പോ എനിക്ക് ആത്യന്തികമായി ഹിതം കിട്ടുന്ന എന്തോ ഒന്ന് അതിന് പുറകിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്നും ഈ പേഴ്സണാലിറ്റിയിൽ അവിടെ ഒരു ദ്വാരം വീഴുമ്പോ ആ പ്ലെയിനിൽ നിന്ന് എന്തോ ഒഴുകി വരുന്നുണ്ടെന്നൊക്കെ ഇയാൾ അറിയണത് അവസാനം ഇയാൾ തന്നെ തന്നെ യചിക്കാൻ തയ്യാറാവും ആ തന്നെ തന്നെ യജിക്കാൻ തയ്യാറാവുമ്പോഴാണ് ഇയാൾക്ക് സദ്ഗുരു കൃപയോ ഗുരു കൃപയോ ഭഗവത് കൃപയോ ഒക്കെ പ്രവഹിച്ചു തുടങ്ങി എന്ന് പറയണർത്ഥം നമ്മൾ അങ്ങനെ തന്നെ അവൻ യജിച്ചുവോ താൻ തന്നെ ഇല്ലാതായിട്ട് തീർന്നു അവൻ പൂർണനുമാവും അവന് പിന്നെ മരണമില്ല ജനനമില്ല അപ്പൊ കർമ്മം നിഷ്കാമ്യവും നിസ്സംഗവും നിസ്വാർത്ഥവുമായി തീരുമ്പോ നിസ്വാർത്ഥനായ വ്യക്തി ലോകത്തിന്റെ ദൃഷ്ടിയിൽ നഷ്ടപ്പെടുന്നവനാണെങ്കിലും അയാൾ അറിവുള്ളവനാണെങ്കിൽ ആഴത്തിൽ അയാൾ ഒരുപാട് ധനത്തിനെ എന്താണ് കുഴിച്ചെടുക്കുകയാണ് അറിവുള്ളവനായിരിക്കണം അറിവുള്ളവനാണെങ്കിൽ അവന്റെ കർമ്മം നിഷ്കാമ്യവും നിസ്സംഗവുമായ കർമ്മം ഇയാളുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞുകിടക്കുന്ന ധനത്തിനെ കുഴിച്ചെടുക്കലാണ് അപ്പൊ പതുക്കെ കാമ്യകർമ്മം പോയി സംഘകർമ്മവും പോയി കഴിയുമ്പോൾ നിസ്സംഗവും നിഷ്കാമ്യവുമായി കഴിഞ്ഞാൽ കർമ്മയോഗത്തിന്റെ മണ്ഡലം കഴിഞ്ഞു അപ്പോഴാണ് ഭഗവാൻ പറയണത് പരിപ്രശ്നേന സേവയാ അതിന്റെ നടുവില് ഒരു ഒരു സൈഡും വരും എനിക്ക് മനസ്സിനേക ശരി ഉപാസന ചെയ്തു ചിലർക്ക് ഉപാസനയൊന്നും വേണ്ടി വരില്ല കർമ്മയോഗം കൊണ്ട് തന്നെ നല്ലവണ്ണം ചിത്തശുദ്ധി വന്നവന് എവിടുന്നെങ്കിലുമൊക്കെ ഈ ആത്മതത്വ ശ്രവണമുണ്ടാവുകയും അയാൾ പെട്ടെന്ന് ജ്ഞാനിയായിത്തീരുകയും ചെയ്യും ജ്ഞാനി ആവലൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷെ ഈ നിഷ്കാമ്യവും നിസ്സംഗവും ആവുന്നതിലാണ് ഇയാളുടെ പരിശ്രമമൊക്കെ ആ പരിശ്രമത്തിൽ വിജയിച്ചാൽ അത് ഗീതയുടെ ആദ്യ ഭാഗമാണ് കർമ്മയോഗം കർമ്മസന്യാസയോഗം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവൻ സന്യാസിയായി സമ്യക്യാസം ചെയ്തവനായി എന്തിനെയാ ഉപേക്ഷിച്ചത് അവനവനെ വ്യക്തിത്വത്തിന് തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായി അപ്പോ ഇവന് പരമമായ ഹിതം ഉണ്ടാവും ശാന്തി ഉണ്ടാവും പൂർണത ഉണ്ടാവും ആ പൂർണതയാണ് ഭഗവാൻ ഈ അദ്ധ്യായത്തിൽ ഗുണത്രയ വിഭാഗയോഗം എന്ന് ഈ അധ്യായത്തിൽ പറയണത് ഈ ഗുണത്രയങ്ങൾക്കും അതീതമായിട്ട് ഈ ജീവനെ കൊണ്ടുപോവാണ് എന്നുവെച്ചാൽ അവിടെ ഇയാള് സമ്പൂർണമായും സ്വതന്ത്രനാവണു ആ സ്വാതന്ത്ര്യമാണ് അധ്യായത്തിലെ വിഷയം ചുരുക്കത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാത്ത യോഗസ്ഥിതി എങ്ങനെ വരും എന്ന് അർജുനൻ ചോദിക്കുന്നത് ഈ അദ്ധ്യായത്തിലാണ് വരികയും പോവുകയും ചെയ്യാൻ എപ്പോഴും ഉണ്ടാവണം അങ്ങനെയുള്ള ആ യോഗസ്ഥിതിയാണ് ഭഗവാൻ അതിന്റെ തടസ്സമായി നിൽക്കുന്ന സത്വരജസ്തമോ ഗുണങ്ങളെ കാണിച്ചു കൊടുത്ത് ആ ഗുണങ്ങളുടെ സ്വഭാവത്തിനെയും പറഞ്ഞുകൊടുത്ത് അതിനപ്പുറം കടക്കാൻ പറയുക നമ്മൾ നാളെ കാണാം സത്യം ജ്ഞാനമനന്തം നിത്യ ശം പരമാകക്ഷണരിഗണലോലമ പരമായാസം മായാക്കാരമ ക്ഷമാനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദ പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം മൃത്സ്നത്സിഹേതിയശോദ താടനശൈശവസന്സം വ്യാധക്ലോകോകോക്കോി ലോക ത്രയപുരമൂല സ്തംഭം ലോകലോകമനോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദോപാളം ഭൂലീലിഗ്രഹ ഗോപാളം കൂലോപോപീല ഗോവർധനധൃതലീലാളിതോ ഗോഭിർനിഗദിത ഗോവിന്ദസ്ഫുടനമാനം ബഹുനമാനം ോധീ ഗോചരൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഇതോ മവസി ത്വമേ തോന്നം മുമിദസ്തിയതപേഷ്ടുരുമാതൈ ത്മനം ഭജ